അങ്ങനെ അവർ തങ്ങളുടെ താഴ്വരകളിലേക്കൊരു മേഘം വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് മഴ നൽകുന്ന ഒരു മേഘമാണ് അല്ല നിങ്ങൾ വേഗത്തിൽ ആവശ്യപ്പെട്ട കാര്യമാണത് വേദനയേറിയ ശിക്ഷയുള്ള ഒരു കാറ്റാണത്